ം മുപ്പത്തിനാല് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഇസ്രയേലിന്റെ ഇടയന്മാരെ കുറിച്ച് പ്രവചിക്കാം നീ പ്രവചിച്ചവരോട് ഇടയന്മാരോട് തന്നെ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു തങ്ങളെ തന്നെ മേയിക്കുന്ന ഇസ്രയേലിന്റെ ഇടയന്മാർക്ക് അയ്യോ കഷ്ടം ആടുകളെ അല്ലയോ ഇടയന്മാർ മേയിക്കേണ്ടത് നിങ്ങൾ മേധസ്സു തിന്നുകയും ആട്ടുരോമം ഉടുക്കുകയും തടിച്ചിരിക്കുന്നവയെ അറുക്കുകയും ചെയ്യുന്നു ആടുകളെ നിങ്ങൾ മേയിക്കുന്നില്ലാത്താനും നിങ്ങൾ ബലഹീനമായതിനെ ശക്തീകരിക്കുകയോ ദീനം പിടിച്ചതിനെ ചികിത്സിക്കുകയോ ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയോ ചിതറിപ്പോയതിനെ തിരിച്ചു കാണാതെ പോയതിനെ ന്വേഷിക്കുകയോ ചെയ്യാതെ കഠിനതയോടും ക്രൂരതയോടും കൂടെ അവയെ ഭരിച്ചിരിക്കുന്നു ഇടയന്മാർ ഇല്ലായ്ക്കുകൊണ്ട് അവ ചിതറിപ്പോയി ചിതറിപ്പോയിട്ട് അവ കാട്ടിലെ സകല മൃഗങ്ങൾക്കും ഇരയായിത്തുർന്നു എന്റെ ആടുകൾ എല്ലാ മലകളിലും ഉയരമുള്ള എല്ലാ കുന്നിൻമേലും ഉഴന്നു നടന്നു ഭൂതലത്തിലൊക്കെയും എന്റെ ആടുകൾ ചിതറിപ്പോയി ആരും അവയെ തിരകെയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇടയന്മാരെ യഹോവയുടെ വചനം കേൾപ്പീൻ എന്നാണ് ഇടയനില്ലായ്കൊണ്ടത്രേ എന്റെ ആടുകൾ കവർച്ചയായി പോകുകയും എന്റെ ആടുകൾ കാട്ടിലെ സകല മൃഗത്തിനും ഇരയായി തീരുകയും ചെയ്തത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്റെ ഇടയന്മാർ എന്റെ ആടുകളെ അന്വേഷിക്കാതെ തങ്ങളെ തന്നെ മേയിക്കുകയും ആടുകളെ മേയിക്കാതെ ഇരിക്കുകയും ചെയ്യുകൊണ്ട് ഇടയന്മാരേ യഹോവയുടെ വചനം കേൾപ്പീം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഇടയന്മാർക്ക് വിരോധമായിരിക്കുന്നു ഞാൻ എന്റെ ആടുകളെ അവരുടെ കയ്യിൽ നിന്ന് ചോദിച്ച് ആടുകളെ മേയിക്കുന്ന വേലയിൽ നിന്ന് അവരെ നീക്കിക്കളയും ഇടയന്മാർ ഇനി തങ്ങളെ തന്നെ മേയിക്കുകയില്ല എന്റെ ആടുകൾ അവർക്ക് ഇരയാകാതെ ഇരിക്കേണ്ടതിന് ഞാൻ അവേ അവരുടെ വായിൽ നിന്ന് വിടുവിക്കും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ തന്നെ എന്റെ ആടുകളെ തിരഞ്ഞു നോക്കും ഒരു ഇടയൻ ചിതറിപ്പോയിരിക്കുന്ന തന്റെ ആടുകളുടെ ഇടയിൽ ഇരിക്കുന്ന നാളിൽ തന്റെ ആട്ടിൻകൂട്ടത്തെ അന്വേഷിക്കുന്നതുപോലെ ഞാൻ എന്റെ ആടുകളെ അന്വേഷിച്ച് അവ കാറും കറുപ്പുമുള്ള ദിവസത്തിൽ ചിതറിപ്പോയ സകല സ്ഥലങ്ങളിൽ നിന്ന് അവയെ വിടുവിക്കും ഞാനവയെ ജാതികളുടെ ഇടയിൽ നിന്ന് പുറപ്പെടുവിച്ച് ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വദേശത്ത് കൊണ്ടുവന്ന് ഇസ്രയേൽ മലകളിലും നദീതീരങ്ങളിലും ദേശത്തിലെ സകലവാസ സ്ഥലങ്ങളിലും മേയിക്കും നല്ല മേച്ചിൽ പുറത്ത് ഞാനവയെ മേയിക്കും ഇസ്രയേലിന്റെ ഉയർന്ന മലകൾ അവയ്ക്ക് കിടപ്പിടം ആയിരിക്കും അവിടെ അവ നല്ല കിടപ്പിടത്ത് കിടക്കുകയും ഇസ്രയേൽ മലകളിലെ പുഷ്ടിയുള്ള മേച്ചൽപ്പുറത്ത് മേയുകയും ചെയ്യും ഞാൻ തന്നെ എന്റെ ആടുകളെ മേയിക്കുകയും കിടത്തുകയും ചെയ്യും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് കാണാതെ പോയതിനെ ഞാൻ അന്വേഷിക്കുകയും ഓടിച്ചുകളഞ്ഞതിനെ തിരിച്ചുവരുത്തുകയും ഒടിഞ്ഞതിനെ മുറിവ് കെട്ടുകയും ദീനം പിടിച്ചതിനെ ശക്തീകരിക്കുകയും ചെയ്യും എന്നാൽ കൊഴുത്തതിനെയും ഉരത്തതിനെയും ഞാൻ നശിപ്പിക്കും ഞാൻ ന്യായത്തോടെ അവയെ മേയിക്കും നിങ്ങളോ എന്റെ ആടുകളെ യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ആടിനും ആടിനും മധ്യേയും ആട്ടുകൊറ്റന്മാർക്കും കോലാട്ടുകൊറ്റന്മാർക്കും മധ്യേയും ന്യായം വിധിക്കുന്നു നിങ്ങൾ നല്ല മേച്ചൽ മേഞ്ഞിട്ട് മേച്ചലിന്റെ ശേഷിപ്പിനെ കാൽകൊണ്ട് ചവിട്ടിക്കളയുന്നതും തെളിഞ്ഞ വെള്ളം കുടിച്ചിട്ട് ശേഷിപ്പുള്ളതിനെ കാൽ കൊണ്ട് കലക്കിക്കളയുന്നതും നിങ്ങൾക്ക് പോരായോ നിങ്ങൾ കാൽ കൊണ്ട് ചവിട്ടിയത് ആടുകൾ തിന്നുകയും നിങ്ങൾ കാൽ കൊണ്ട് അവ കുടിക്കുകയും ചെയ്യണമോ അതുകൊണ്ട് യഹോവയായ കർത്താവ് അവയോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ തന്നെ തടിച്ച ആടുകൾക്കും മെലിഞ്ഞ ആടുകൾക്കും മധ്യേ ന്യായം വിധിക്കും ദീനം പിടിച്ചവേ നിങ്ങൾ പരക്കെ ചിതറിക്കുവോളം പാർശ്വം കൊണ്ടും തോൾ കൊണ്ടും ഉന്തി അവയെയൊക്കെയും കൊമ്പുകൊണ്ട് ഇടിക്കുന്നതിനാൽ ഞാൻ എന്റെ ആട്ടിൻകൂട്ടത്തെ രക്ഷിക്കും അവയിനി ഇരയായി തീരുകയില്ല ഞാൻ ആടിനും ആടിനും മധ്യേ ന്യായം വിധിക്കും അവയെ മേയിക്കേണ്ടതിന് ഞാൻ ഒരേ ഇടയനെ അവയ്ക്കായി നിയമിക്കും എന്റെ ദാസനായ ദാവീദിനെ തന്നെ അവനവയെ മേയിച്ച് അവയ്ക്ക് ഇടയനായിരിക്കും അങ്ങനെ യഹോവയായ ഞാൻ അവർക്ക് ദൈവവും എന്റെ ദാസനായ ദാവീദ് അവരുടെ മധ്യേ പ്രഭുവും ആയിരിക്കും യഹോവയായ ഞാൻ അത് അരുളിച്ചെയ്തിരിക്കുന്നു ഞാൻ അവയോട് ഒരു സമാധാന നിയമം ചെയ്ത് ദുഷ്ടമൃഗങ്ങളെ ദേശത്തു നിന്ന് നീക്കിക്കളയും അങ്ങനെ അവ മരുഭൂമിയിൽ നിർഭയമായി വസിക്കുകയും കാടുകളിൽ ഉറങ്ങുകയും ചെയ്യും ഞാൻ അവയെയും എന്റെ കുന്നിനും ചുറ്റുമുള്ള സ്ഥലങ്ങളെയും ഒരു അനുഗ്രഹമാക്കി വയ്ക്കും ഞാൻ തക്ക സമയത്ത് മഴ പെയ്യ്ക്കും അത് അനുഗ്രഹകരമായ മഴയായിരിക്കും വയലിലെ വൃക്ഷം ഫലം കായ്ക്കുകയും നിലം നന്നായി വിളകയും അവർ തങ്ങളുടെ ദേശത്ത് നിർഭയമായി വസിക്കുകയും ഞാൻ അവരുടെ നുകക്കുഴികളെ പൊട്ടിച്ച് അവരെക്കൊണ്ട് പണിയടിപ്പിച്ചവരുടെ കയ്യിൽ നിന്ന് അവരെ വിടുവിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും അവർ ഇനി ജാതികൾക്ക് കവർച്ച ആയി തീരുകയില്ല കാട്ടുമൃഗം അവരെ കടിച്ചു കീറുകയില്ല അവർ നിർഭയമായി വസിക്കും ആരും അവരെ ഭയപ്പെടുത്തുകയുമില്ല ഞാനവർക്ക് കീർത്തിയുള്ളൊരു നടുതല വെച്ചുണ്ടാക്കും അവർ ഇനി ദേശത്ത് പട്ടിണികിടന്ന് നശിക്കുകയില്ല ജാതികളുടെ നിന്ന ഇനി വഹിക്കുകയുമില്ല ഇങ്ങനെ അവരുടെ ദൈവമായ യഹോവ എന്ന ഞാൻ കൂടെ ഇസ്രയേൽ ഗ്രഹമായിരിക്കുന്ന അവർ എന്റെ ജനമാകുന്നു എന്നും അവർ അറിയുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് എന്നാൽ എന്റെ മേച്ചൽപ്പുറത്തെ ആടുകളായി എന്റെ ആടുകളായുള്ളവരെ നിങ്ങൾ മനുഷ്യരത്രെ ഞാനോ നിങ്ങളുടെ ദൈവമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്